അവൻ ചോദിച്ചു നിങ്ങൾ യൂസഫ് അലഹിസലാമിനെ അദ്ദേഹത്തിന്റെ ശരീരത്തിനുവേണ്ടി പ്രലോഭിപ്പിച്ചപ്പോൾ നിങ്ങളുടെ കാര്യം എന്തായിരുന്നു അവർ പറഞ്ഞു അള്ളാഹു സുബാനഹുവറ്റാല കാത്തുരക്ഷിക്കട്ടെ അദ്ദേഹത്തിൽ നിന്ന് യാതൊരു തിന്മയും ഞങ്ങൾ കണ്ടിട്ടില്ല അസീസിന്റെ ഭാര്യ പറഞ്ഞു ഇപ്പോൾ സത്യം വെളിപ്പെട്ടിരിക്കുന്നു ഞാൻ തന്നെയാണ് അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചത് തീർച്ചയായും അദ്ദേഹം സത്യസന്ധരിൽപ്പെട്ടവനാകുന്നു